അധ്യായം പതിനഞ്ച് നബാത്തിന്റെ മകനായ യോരോബയാം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി അവൻ മൂന്ന് സംവത്സരം യരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ അവൾ അബിഷാലോമിന്റെ മകൾ ആയിരുന്നു തന്റെ അപ്പൻ മുമ്പെ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ ഹോവിയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവീദിൻ നിമിത്തം അവന്റെ ദൈവമായ ഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും എരുസലേമിനെ നിലനിർത്തിയും കൊണ്ട് യരുസലേമിൽ ഒരു ദീപം നൽകി ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഹിത്യനായ ഊര്യാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് വിട്ടുമാറിയിട്ടില്ല രഹബയാമും യോരോബയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അബിയാമും യോരോബയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവർ ദാവീദന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ്സ അവനു രാജാവായി ഇസ്രയേൽ രാജാവായ യോരോബയാമിന്റെ ഇരുപതാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി അവൻ നാൽപ്പത്തൊന്ന് സംവത്സരം എരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ അവൾ അബീഷാലോമിന്റെ മകൾ ആയിരുന്നു ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്തുനിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു തന്റെ അമ്മയായ മയഖ അശേരയ്ക്ക് ഒരു മ്ലേക്ഷവിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവനവളെ രാജ്ഞിസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു ആസ അവളുടെ മ്ലേക്ഷവിഗ്രഹം വെട്ടിമുറിച്ച് കിതുറൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവീങ്കൽ ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു ആസയും ഇസ്രയേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു ഇസ്രയേൽ രാജാവായ ബയശ യഹൂദയുടെ നേരെ വന്നു യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിത് ഉറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ണാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ആസ രാജാവ് ദമ്മശക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തബ്രീമോന്റെ മകൻ ബെൻഹദത് എന്ന അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രയേൽ രാജാവായ ബൈഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറയിച്ചു ആസാ രാജാവിന്റെ അപേക്ഷ കേട്ട് തന്റെ സേനാപതികളെ ഇസ്രയേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു ഇയോനും ദാനും ആബേൽ കിന്നരോത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി ബൈഷ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തീർച്ചയിൽ തന്നെ പാർത്തു ആസാ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി അവർ ചെന്ന് ബേശ പണിത് ഉറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്ത് കൊണ്ടുവന്നു ആസ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്ബയും പണിത് ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതും യഹൂദാ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോ അവന് പകരം രാജാവായി യഹൂദ രാജാവായ ആസയുടെ രണ്ടാമണ്ടിൽ യോരോബയാമിന്റെ മകനായ നാദാബ് ഇസ്രയേലിൽ രാജാവായി അവൻ രണ്ട് സംവത്സരം ഇസ്രയേലിൽ വാണു അവൻ യഹോവയ്ക്ക് ചെയ്തു തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെ ചെയ്യിച്ച പാപത്തിലും നടന്നു എന്നാൽ ഇസാഖാർ ഗോത്രക്കാരനായ അഹിയാവിന്റെ മകനായ ബയ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫെലിസ്റ്റർക്കുള്ള ഗിബെഥോനിൽ വെച്ച് അവനെ കൊന്നു നാദാബും എല്ലാ ഇസ്രയേലും ഗിബെഥോനെ വളഞ്ഞിരിക്കുകയായിരുന്നു ബേഷ അവനെ യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ കൊന്നു അവനു രാജാവായി അവൻ രാജാവായ ഉടനെ യോരോബേയാം ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു യഹോവ ശീലോന്യനായ അഹിയാവു എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി വചനപ്രകാരം അവൻ യോരോബയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചുകളഞ്ഞു യോരോബയാം ചെയ്തതും ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിമിത്തവും തന്നെ നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസയും രാജാവായ ബൈഷയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ അഹിയാവിന്റെ മകനായ ബയശ എല്ലാ ഇസ്രയേലിനും രാജാവായി തെർസയിൽ ഇരുപത്തിനാല് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യരോബയാമന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെ ചെയ്യിച്ച പാപത്തിലും നടന്നു